െ നമുക്ക് ഈ വെള്ളിയാഴ്ചയും ബൈബിൾ സ്റ്റഡിക്കായിട്ട് കൂടി വരാനായിട്ടിടയായല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം ചിന്തിച്ചു ഇന്ന് നമ്മൾ മൂന്നാമത്തെ സുവിശേഷത്തിലേക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരികയാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് ലൂക്കോസ് എന്ന യവനായനാണ് ഗ്രീക്കുകാരനാണ് അത് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ബൈബിളിലെ പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവർത്തിയും ലൂക്കോസാണ് എഴുതിയിട്ടുള്ളത് ഈ രണ്ട് പുസ്തകങ്ങൾ ഒഴിച്ച് അതായത് പുതിയ നിയമത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷം അപ്പോസ്തല ഈ രണ്ട് പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി അറുപത്തി പുസ്തകങ്ങളും യഹൂദന്മാരായ ആളുകളാണ് എഴുതിയിട്ടുള്ളത് കണ്ടോ ശ്രദ്ധിച്ചോ അതായത് അറുപത്താറ് പുസ്തകങ്ങളുള്ള ബൈബിൾ ഈ അറുപത്താറ് പുസ്തകങ്ങളുള്ള ബൈബിളിലെ അറുപത്തി പുസ്തകങ്ങളും യഹൂദന്മാരായ ആ പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് എഴുതിയിട്ടുള്ളത് എന്നാൽ ഈ മൂന്നാമത്തെ സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോ അത് ഗ്രീക്കുകാരനായ ലൂക്കോസ് വിശ്വാസിയായ ലൂക്കോസ് ആ യവനായ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ ലൂക്കോസ് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് വേറിട്ട് നിൽക്കുന്നു ശ്രദ്ധേയമായ ഒരു സുവിശേഷമാണ് നമുക്കറിയാമല്ലോ മത്തായി എഴുതിയ സുവിശേഷം യേശുവിൻ്റെ രാജ്യത്വം ഊന്നി ആ നിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വം അതിനൂന്നൽ നൽകിയിട്ടുള്ള ഒന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷമാകട്ടെ യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് യോഹനൻ്റെ സുവിശേഷം അവസാനത്തെ സുവിശേഷം അത് ദൈവത്വത്തിന് യേശുവിൻ്റെ ദൈവത്വത്തിനും ഊന്നൽ നൽകി എഴുതിയിരിക്കുന്നു അങ്ങനെ ഈ മൂന്നാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ് ആണ് ഇത് എ ഡി അറുപത് ആദ്യഘട്ടത്തിൽ അതായത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ രക്തസാക്ഷിത്വത്തിന് മുമ്പ് അല്ലെങ്കിൽ എ ഡി എഴുപതിൽ യഹൂദന്മാരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് എ ഡി അറുപത് അറുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ആദ്യം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷവും തുടർന്ന് അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയതെന്നാണ് വേദപണ്ഡിതന്മാർ കരുതുന്നത് അതല്ല അതല്ല കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ വധങ്ങൾ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ റോമൻ പടയാളികളാൽ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതൊക്കെയും രേഖപ്പെടുത്തുമായിരുന്നു അപ്പോൾ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഏകദേശം എഴുതി അറുപത്തൊന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷവും തുടർന്ന് അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസ് എഴുതി എന്നാണ് വേദപണ്ഡിതന്മാരെ കരുതുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് സുവിശേഷങ്ങളും ക്ഷമിക്കണം ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല ഈ രണ്ട് പുസ്തകങ്ങളും ലൂക്കോസ് തെയോഫിലോസ് എന്നൊരാൾക്ക് സംബോധന ചെയ്താണ് ഇത് എഴുതിയിരിക്കുന്നത് തേയോഫിലോസ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹവും യവനായ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ ഒരാളാണ് എന്നാണ് കരുതുന്നത് ഇവിടെ ഇതാ ശ്രീമാനായ തെയോഫിലോസി എന്ന് പറയുമ്പോൾ ശ്രീമാനായ എന്നാ എന്ന പ്രയോഗം ഈ തെയോഫിലോസ് ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ന് കരുതുന്നു അതുപോലെ ഈ തെയോഫിലോസ് ഇന്നിപ്പം വലിയ തിരുമേനിമാർക്കൊക്കെ തെയോഫിലോസ് എന്നൊക്കെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൽ ബഹുമാന്യമായ ഒരു സ്ഥാനവും ചുമതലയും വഹിച്ചിരുന്ന ഒരു ക്രിസ്ത്യാനി ആയിരുന്നു എന്നാണ് കരുതുന്നത് അവൻ്റെ പേരിൻ്റെ അർത്ഥം തെയ്യോഫിലോസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ലൂക്കോസ് തൻ്റെ സ്നേഹിതനായ തെയോഫിലോസിന് എഴുതുന്നതാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി ഈ ലൂക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ അതിനുള്ള വിവരങ്ങൾ തനിക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് താൻ നമുക്കറിയാവുന്നതുപോലെ താൻ അന്ത്യോക്യവംശജനായ ഒരാളാണ് എമനായ പശ്ചാത്തലത്തിലുള്ള അന്ത്യോക്യവംശനായ ഒരാളാണ് തൊഴിൽപരമായി താനൊരു വൈദ്യനാണ് ഇങ്ങനെയുള്ള ലൂക്കോസ് ദീർഘനാൾ അപ്പോസല ഈ വിശ്വാസിയായി അപ്പോസ്റ്റലന്മാരുമായിട്ടൊക്കെ പല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് പ്രത്യേകിച്ചും അപ്പോസലനായ പൗലോസിൽ നിന്ന് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രങ്ങൾ രണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്ല പ്രവൃത്തിയും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ അപ്പോസ്റ്റല വരുമ്പോൾ അവിടെ പൗലോസുമായിട്ട് ചേർന്ന് പല നിലയിൽ പ്രവർത്തിച്ചതായിട്ടും ഒക്കെ ഉള്ള സൂചനകളുണ്ട് അപ്പോസ്സില പ്രവൃത്തി പതിനാറിൻ്റെ പത്ത് ഇരുപതിൻ്റെ അഞ്ച് ആറ് ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ച് ഇരുപത്തേഴിൻ്റെ ഒന്ന് ഇരുപത്തെട്ടിൻ്റെ പതിനാറ് ഇവിടൊക്കെ ഞങ്ങൾ എന്നാണ് അപ്പോസ്ല എഴുത്തുകാരൻ അതായത് ലൂക്കോസ് താന് പരാമർശിക്കുന്നത് അതിൻ്റെ അർത്ഥം പൗലോസിനോടൊക്കെ ഒപ്പം ലൂക്കോസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ പൗലോസിൻ്റെ അവസാന ലേഖനമായ രണ്ട് തീമത്തിയോസ് നാലിൻ്റെ പതിനൊന്നിൽ നമ്മൾ ലൂക്കോസിനെ കുറിച്ച് പ്രത്യേകം പൗലോസ് പരാമർശിക്കുന്നുണ്ട് ലൂക്കോസ് മാത്രമേ എന്നോടൊപ്പം ഉള്ളൂ എന്നാ പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ പൗലോസിനോടൊപ്പം കഴിഞ്ഞ് മറ്റു അപ്പോസന്മാരിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിച്ച ഈ യവനായ പശ്ചാത്തലത്തിലുള്ള ലൂക്കോസ് തെയോഫലോസ് എന്ന് മറ്റൊരു ഗ്രീക്കുകാരനായ ക്രിസ്ത്യാനിയെ അഭിസംബോധന ചെയ്താണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അതുപോലെ അപ്പോസ്സിലെ എഴുതിയത് എന്ന് നമുക്ക് ചിന്തിക്കാം ഈ അപ്പോസ്ഥല പ്രവൃത്തിയെ പലരും പറയാറുണ്ട് സത്യത അപ്പോസ്തല പ്രവൃത്തി എന്നല്ലായിരുന്നു അതിൻ്റെ പേര് വരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നായിരുന്നു പേര് വരേണ്ടത് എന്നാ പറയാറുണ്ട് കാരണം നമുക്കറിയാവുന്നതുപോലെ അപ്പോസ്തല പ്രവർത്തിയുടെ ആദ്യ അധ്യായത്തിൽ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഏത് ഇസ്ലൈമിലെ യഹുദീലി ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും വാഗ്ദത്വത്തിനായി കാത്തിരിപ്പീൻ എന്ന കർത്താവ് പറയുന്നു തുടർന്ന് രണ്ടാമധ്യായത്തിൽ കാത്തിരുന്നവരുടെ മേൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്ത അധ്യായം മുതൽ അപ്പോസ്റ്റൽ പ്രവർത്തി തീരുന്നവരെ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്റ്റലന്മാരും ശിഷ്യന്മാരും വിശ്വാസികളുമൊക്കെയും ഈ സാക്ഷ്യത്തിന് ഈ ക്രിസ്തീയ സാക്ഷ്യത്തിന് അവരുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എങ്ങനെയാണ് അതിനെ പിന്തുണച്ചത് എന്ന് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് അവർക്ക് കൂട്ടുനിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അപ്പോസ്ഥല പ്രവർത്തിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോസ്ഥലന്മാരുടെ പ്രവർത്തികൾ എന്നുള്ളതിനേക്കാളും അപ്പോസ്ഥലന്മാരിലൂടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നായിരുന്നു ആ പുസ്തകത്തിന് പേരിടേണ്ടത് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസിൽ പ്രവൃത്തി ലൂക്കോസാണ് എഴുതിയത് അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ ഈ സുവിശേഷത്തിലും പരിശുദ്ധാൽമാവിന് വലിയൊരു ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത് ഇവിടെ ഇതാ നമ്മൾ ഒന്നാമധ്യായം അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നനെ കുറിച്ച് അമ്മയുടെ ഗർഭം മുതൽ തന്നെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കും അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിറയും എന്ന ഒന്നിൻ്റെ പതിനഞ്ചില് അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒന്നിൻ്റെ മുപ്പത്തഞ്ചില് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്നിങ്ങനെ മറിയോട് ദൂതൻ പറയുന്നതും അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ കാര്യം ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എലിസബത്ത് പരിശുദ്ധാൽമാവിനാൽ നിറഞ്ഞവളായിരുന്നു എന്നുള്ളത് ഒന്നാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്നിൽ ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു അപ്പോൾ തന്നെ സെക്കരിയാവ് പരിശുദ്ധാൽമാവിൽ നിറഞ്ഞ് സംസാരിച്ചതിനെക്കുറിച്ച് ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തേഴാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മൾ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിലേക്ക് ചെന്ന ഷിമയോൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ മൂന്നാമധ്യായത്തിൻ്റെ മൂന്നിൻ്റെ പതിനാറിലാണ് യേശു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്ന ലൂക്കോസ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൂന്നിൻ്റെ 21 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ആത്മാവ് യേശു യേശു ആത്മാവിനാൽ നിറഞ്ഞവനായി പരീക്ഷിക്കപ്പെടാനായിട്ട് ഭൂമിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെയും അവിടെ പറയുന്നുണ്ട് ആത്മാവ് യേശുവിൻ്റെ മേൽ വന്നു പെട്ടെന്ന് മൂന്നിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പരിശുദ്ധാൽമാവ് യേശുവിൻ്റെ മേൽ വന്നു എന്ന് പറയുന്നു നാലിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലും പതിനാലാമത്തെ ഒന്നാമത്തെ വാക്യത്തിലും പതിനാലാമത്തെ വാക്യത്തിലും യേശു പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് പോയത് ആത്മാവിനാൽ നിയുക്തനായിട്ടാണ് പോയതെന്ന് പറയുന്നു അതുപോലെ തന്നെ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി എന്ന് നാലിൻ്റെ പതിനാലിൽ പറയുന്നു നാലിൻ്റെ പതിനെട്ടിൽ വരുമ്പോൾ യേശു സ്വയം പ്രഖ്യാപിക്കുന്നു പരിശുദ്ധാൽമാവിൻ്റെ മേലുണ്ട് എന്ന് പറയുന്നു പതിനൊന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്ന ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ഒൻപത് ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപതിൽ യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് അപ്പോസന്മാരോട് ശിഷ്യന്മാരോട് പറയുന്നത് നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ അൻപതിലധികം പ്രാവശ്യം ലൂക്കോസ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോസ് ചില പ്രവൃത്തിയിലായാലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലായാലും പരിശുദ്ധാത്മാവിൻ്റെ ആ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ നിലയിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ജാതീയനായ ഒരാളാണ് ലൂക്കോസ് നമ്മളും യഹൂദന്മാരിൽ നിന്നല്ല ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ലൂക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്ര ഊന്നിപ്പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും ആത്മ സ്നാനം ആ നിലയിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതത്തിനും നമ്മളും ലൂക്കോസിനെ പോലെ ഊന്നൽ കൊടുക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ചിന്ത നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കെടുക്കാനായിട്ട് കഴിയും പ്രിയമുള്ള ഒരു ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാമത്തെ അധ്യായം മുതൽ ഒടുവിലത്തെ അധ്യായമായ ഇരുപത്തിനാലാമത്തെ അധ്യായം വരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഊന്നി പറയാനുള്ള ഒരവസരം പോലും ലൂക്കോസ പാഴാക്കുന്നില്ല എന്ന് നമ്മളെ കണ്ടു നമ്മളെ പല വാക്യങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് ജാതീയനായ അല്ലെങ്കിൽ യഹൂദ ആ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ പിതാക്കന്മാരിലോ അല്ലെങ്കിൽ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം ആ നിലയിലെ പഴയ നിയമ പിതാക്കന്മാരോട് ചെയ്തതിനെക്കുറിച്ചോ മോശ അവരെ നടത്തിക്കൊണ്ടുവന്നതിനെക്കുറിച്ചോ അങ്ങനെ യഹൂദന്മാർ പ്രശംസയായി പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ആ നിലയിലുള്ള ഒരു നിലയിലുള്ള ഒരു അടുപ്പവും അല്ലെങ്കിൽ അതിലൊരു പങ്കാളിത്തവും സ്വാഭാവികമായിട്ട് ജാതീയനായ ലൂക്കോസിന് കഴിയില്ല എന്നാൽ അവൻ ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവന് അതിനേക്കാളും എന്തുണ്ട് ദൈവത്തിൻ്റെ വചനവും അവനുണ്ട് പരിശുദ്ധാത്മാവും അവനുണ്ട് അങ്ങനെ തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ രണ്ട് സമ്പത്തിൽ ഊന്നിയാണ് ലൂക്കോസ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ യഹൂദമാർ പുകഴുന്ന ഒരു കാര്യത്തിലും അവന് പുകഴാനൊക്കെയില്ല എന്നാൽ പുതിയ ഉടമ്പടിയിൽ ജാതീയരായ ആളുകൾക്ക് നമുക്കുൾപ്പെടെയുള്ളവർക്ക് ദൈവം തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആശക്തി അതുപോലെ വചനം ഈ കാര്യങ്ങളിൽ ഊന്നിയാണ് ലൂക്കോസ് തന്നെ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മളെ ചിന്തിച്ചത് ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ദൈവവചനത്തിനും വചനം അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അവനൊരു സുവിശേഷവും എഴുതി അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്ര അപ്പോസന്മാരിലൂടുള്ള അത് അപ്പോ സ്ഥലപ്രവൃത്തി എന്ന ചരിത്ര പുസ്തകവുമായിട്ടും രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മളും എന്താ വേണ്ടത് നമുക്കും യഹൂദന്മാരെ പോലെ ദൈവീകമായ ഏതെങ്കിലും ആ നിലയിലുള്ള പിതാക്കന്മാരുടെ പാരമ്പര്യമോ ഒന്നും നമുക്ക് പറയാനോ പുകഴാനോ ഇല്ല നമ്മളൊക്കെയും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരും പരിദേശികളുമൊക്കെ ആയിരുന്നു പക്ഷേ കൃപയാൽ ദൈവം നമ്മളെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള വിലപിടിക്കാ വിലപിടിപ്പ് ഏറിയ വിലയേറിയ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ നിരന്തരമായ ആ ശക്തിയിലുള്ള ആ അഭ്യസനം അതുപോലെ ദൈവവചനം ഈ രണ്ട് കാര്യങ്ങളെയും നമ്മളും ഗൗരവമായിട്ട് ലൂക്കോസിനെ പോലെ എടുക്കണം എന്നാണ് നമുക്ക് ഈ ലൂക്കോസിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പാഠം ഇവിടെ ഇതാ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ ശക്തി ആളുകളെ തീർത്തും വ്യത്യസ്തരാക്കും എന്ന് പിശാചിന് അറിയാവുന്നതുകൊണ്ട് അവൻ ഇന്നത്തെ സുവിശേഷകോളത്തിൽ ഈ പരിശുദ്ധാത്മാവ് സംബന്ധിച്ച് രണ്ട് തന്ത്രങ്ങൾ പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതിനെ കേവലം വൈകാരികമായ ചില അനുഭൂതികളുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി അതിങ്ങനെ ചില വൈകാരികമായ ചില ഇളക്കങ്ങൾ ഉണ്ടായി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ള നിലയിൽ തൃപ്തിയടയുന്ന ഒരു കൂട്ടരെ ആണ് ഇന്ന് നമുക്ക് ഭൂരിഭാഗം ഭൂരിപക്ഷം പേരിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് അത് ശക്തിയാണ് അപ്പോസല പ്രവൃത്തി ഒന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ പരി ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ശക്തി ലഭിച്ചിട്ട് അപ്പോൾ അതൊരു ശക്തിയാണ് അതുപോലെ അപ്പോസല പത്താം അധ്യായത്തിൽ പത്താം അധ്യായത്തിൽ ആ ആ നിലയിൽ അപ്പോസലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ യേശുവിനെക്കുറിച്ച് യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനോട് ചേർത്ത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നെടുത്ത് പറയുന്നുണ്ട് അപ്പോസിലൂർത്തി പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി വാക്യത്തിലാണ് നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ശക്തിയാണ് ഉണ്ടാകേണ്ടത് എന്തിനുള്ള ശക്തി പ്രാഥമികമായിട്ടും ദൈവം ഒരു ആ നിലയിലുള്ള അനുഗ്രഹീതമായ വിജയകരമായ ഒരു ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ശക്തിയാണ് നമുക്ക് പ്രാഥമികമായിട്ടും വേണ്ടത് ശക്തി എന്ന് പറയുമ്പോൾ പല അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെയൊക്കെയാണ് പലരും ചിന്തിച്ചു പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ശക്തി വേണ്ടത് ഏതിലാണ് ശക്തി എന്ന് പറയുന്നത് നമ്മൾ റോമർ കെഴുതി ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കുക പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ ഒരു ശരാശരി വിശ്വാസിക്ക് ഉള്ള ഒരു വാഗ്ദാനമാണ് പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല പക്ഷേ അത് പാപം കർത്തൃത്വം നടത്താത്ത പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ അതിനെന്ത് വേണം അതിന് ശക്തി വേണം നമ്മുടെ ശക്തി കൊണ്ട് അതിന് കഴിയില്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാഥമികമായിട്ടും നമുക്ക് വേണ്ടത് വിജയകരമായ ഒരു ജീവിതത്തിനാണ് പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതത്തിനാണ് അതിനെ ഇന്നത്തെ ലോകം പലപ്പോഴും അത് ചില വൈകാരികമായ ഇളക്കപ്പെരുക്കങ്ങളാൽ തൃപ്തിപ്പെടുന്നവരാക്കി ആളുകളെ തീർത്തിരിക്കുന്നു അതുപോലെ ശക്തിയെന്ന് പറഞ്ഞാൽ വലിയ വലിയ നിലയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ അതിന് ഊന്നൽ നൽകി ശക്തി എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ കൈയാളേണ്ട പാപത്തിൻ്റെ മേൽ ജയത്തിനുള്ള ആ ശക്തിയെക്കുറിച്ച് അവനൊരു ആഗ്രഹമോ പ്രതീക്ഷയോ നൽകാതെ ഈ സത്യത്തെ പിശാജ് അവരുടെ കണ്ണിൽ നിന്ന് മറച്ചിരിക്കുന്നു രണ്ടാമത് ക്രിസ്തീയഗോളത്തിലെ വേറൊരു വിഭാഗം പരിശുദ്ധാത്മാവിനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള ഒരു പ്രവർത്തനം വിശ്വാസിയിൽ രക്ഷയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യം അങ്ങനെയില്ല എന്ന് അവർ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള ഉപദേശങ്ങളാൽ അവർ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഫലത്തിൽ അവർക്കും എന്ത് എന്ത് ലഭ്യമാകുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി ലഭ്യമാകുന്നില്ല നമുക്കൊരു കാര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് അങ്ങനെ ഉണ്ടെന്നും ദൈവം അങ്ങനെ ഒരു പ്രോഷം വെച്ചിട്ടുണ്ടെന്നും നമ്മൾ കാണണം കണ്ടത് വിശ്വസിക്കണം വിശ്വസിച്ച് അതിനായിട്ട് ചോദിക്കണം എങ്കിൽ മാത്രമേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിത്തീരുകയുള്ളൂ അതിനായിട്ട് ചോദിക്കുകയും അത് വിശ്വാസത്താൽ ലഭ്യമാക്കുകയും ചെയ്യണം എന്നാൽ ഇന്ന് വിശ്വാസഗോളത്തിലുള്ള നല്ല വിശ്വാസികളായ ചില ആളുകൾ ആ നിലയിലുള്ള ചില സഹോദരന്മാരും അവർ പലപ്പോഴും പരിശുദ്ധാത്മാവ് രക്ഷയിൽ മാത്രം അവരെ ഒതുക്കിയിരിക്കുന്നു രക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവം പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന രണ്ടാമതൊരനുഭവം അതിൻ്റെ രക്ഷയിൽ തന്നെ അങ്ങ് നടന്നു അല്ലാതെ രണ്ടാമതൊരു അനുഭവം ഇല്ല എന്ന് അവരുപദേശങ്ങളാൽ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നു ഫലത്തിൽ എന്താ അവർക്ക് വിജയകരമായ ഒരു ജീവിതത്തിനായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത ഈ ശക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടു നമുക്ക് വളരെ വേഗത്തിൽ ഈ അധ്യായത്തോടുള്ള ബന്ധത്തില് നമുക്ക് ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നോക്കുക അവിടെ മറിയ അവള് നിസ്സഹായതയോടെ ചോദിക്കുന്നു ഗബ്രിയൽ ദൂതൻ അവളോട് പറഞ്ഞു ഈ കാര്യം എങ്ങനെ നടക്കും എന്നെ കൊണ്ട് ഇതെങ്ങനെ കഴിയും ഞാന് കന്യകയാണല്ലോ കന്യക എങ്ങനെയാണ് ശിശുവിനെ പ്രസവിക്കുക എന്നവള് നിസ്സഹായതയോടെ ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ ഉത്തരമായിട്ട് അവളോട് പറയുന്നത് എന്താ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അപ്പോൾ അവളെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നതിനുള്ള ശക്തി അത്യുന്നതന്റെ ശക്തി അത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അപ്പോൾ നമ്മൾ അപ്പോസ്ത്രപൂർത്തി ഒന്നിൻ്റെ എട്ടിലും പത്തിൻ്റെ മുപ്പത്തെട്ടിലും പരിശുദ്ധാത്മാവിനോട് ചേർത്ത ശക്തിയെ പറഞ്ഞതുപോലെയാണ് ഒന്നിൻ ഈ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ പരിശുദ്ധാത്മാവിനോട് ചേർത്ത മറിയോട് ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എന്തുണ്ട് ദൈവവചനമുണ്ട് ദൈവവചനവുമുണ്ട് നമ്മൾ ഒന്നിൻ്റെ മുപ്പത്തേഴിൽ കാണുന്നുണ്ടല്ലോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൈവം അരുളി ചെയ്ത ഒരു വചനത്തിന് പോലും ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നടക്കും അതിന് ശക്തിയുണ്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അത് സംഭവിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുഴുവൻ നാം ശ്രദ്ധിച്ചാൽ എല്ലാ വചനവും ശക്തി ദൈവം നിശ്വസിച്ച എല്ലാ വചനവും അങ്ങനെ ദൈവനിശ്വാസ്യമായ വചനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആ വചനത്തിൽ നമ്മൾ കാണുന്നു പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് കാണുമ്പോൾ റോമർ ആറിൻ്റെ പതിനാല് കാണുമ്പോൾ ആ വചനം ദൈവനിശ്വാസ്യമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള നിലയിൽ നമ്മളത് ദൈവവചനത്തിൽ കാണുന്നതിനെ നമ്മളതിനെ വിശ്വാസത്താൽ അതിനെ ക്ലെയിം ചെയ്യുകയും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മറിയ പറയുന്ന ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലുള്ളതിനെ അതേപടി വിശ്വസിക്കുക ദൈവവചനത്തിൽ ഒരു വാഗ്ദാനം കാണുന്നു നമ്മളത് സ്വീകരിക്കുക ഇപ്പൊ അത് അത് നടത്താൻ നമുക്ക് ശക്തിയില്ല അത്യുന്നതിൻ്റെ ശക്തിക്കായിട്ട് ആ മറിയെപ്പോലെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന മറിയെ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ആ വചനത്തിനു മുൻപാകെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുക അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനവിധം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എലിസബത്തിൻ്റെയും മറിയയുടെയും ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസ സംബന്ധിച്ചിടത്തോളം പ്രയോജനകരമായ ചില ചിന്തകൾ നമ്മൾ എടുക്കുകയായിരുന്നു നമ്മളെന്താ പറഞ്ഞത് നമുക്ക് ഇന്ന് ദൈവവചനമുണ്ട് ദൈവവചനത്തിൽ ഒരു കാര്യം കണ്ടാൽ അത് അതുപോലെ സംഭവിക്കും ദൈവം അരുളി ചെയ്ത ഒരു വചനം പോലും ശക്തിയില്ലാത്തതല്ല ഒന്നിൻ്റെ മുപ്പത്തേഴിൽ നമ്മൾ കാണുന്നു ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ അപ്പം ദൈവം തൻ്റെ വചനത്തിൽ ഒരു കാര്യം പാപത്തിൻ്റെ മേൽ ജയമുണ്ട് എന്നൊരു കാര്യം റോമർ ആറിൻ്റെ പതിനാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് അസാധ്യമല്ല അത് എങ്ങനെ നടക്കും വിശ്വസിച്ച് നമ്മൾ ആ വചനത്തിൽ അത് കണ്ട് നമ്മളത് വിശ്വസിച്ച് നമ്മളതിനായിട്ട് സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം അത് ചെയ്തെടുക്കും എന്നാണ് നമ്മൾ മറിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ഒന്നാമധ്യായം ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി ഏഴിൽ കാര്യവും അസാധ്യമല്ല എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ ഒന്നിൻ്റെ മുപ്പത്തി എട്ടിൽ മറിയെന്ത് ചെയ്തു അവൾ തന്നെ തന്നെ അതിനായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് പറയുന്നു നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നു തീർച്ചയായിട്ടും നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ അവൾ അതിൻ്റെ പിന്നിൽ വളരെ ക്ലേശങ്ങളും വളരെ അപമാനങ്ങളും നിന്ദകളും സമൂഹത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അത് അവൾക്കറിയാം എങ്കിലും അവൾ പറയുന്നു ഓ ദൈവപുത്രൻ്റെ ആ ശരീരം രൂപപ്പെടാൻ വേണ്ടിയല്ലേ അതിന് നിൻ്റെ വാക്കുപോലെ ആ കാര്യം എനിക്ക് ഭവിക്കട്ടെ അതിൻ്റെ നിന്നയും പരിഹാസം ഒക്കെ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നവൾ പറയും ഇന്ന് നമ്മളും കർത്താവിൻ്റെ ശരീരം മറിയ കർത്താവിൻ്റെ ശരീരത്തെ ആ നിലയിൽ താൻ ഉള്ളിൽ വഹിച്ചതുപോലെ നമ്മളും ഇന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമായ സഭയെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ നാമും എന്തനുഭവിക്കുന്നുണ്ട് നാമും ചുറ്റുപാടുകളിൽ നിന്നൊരു നിന്നയും പരിഹാസവും അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടുത്തൽ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം മനസ്സിലാക്കിയിട്ടും നമുക്ക് മറിയേ പോലെ പറയാം കർത്താവേ നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ നിൻ്റെ ഇഷ്ടമാണ് അത് നിറവേറ്റുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് അവിടുത്തെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി നിന്നയും പരിഹാസവും അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ് മറിയ പതിനെട്ട് കഷ്ടിച്ചു വയസ്സുള്ള ആ പെൺകുട്ടി അന്ന് പറഞ്ഞു നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ ഞാനും ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ശരീരമാകുന്ന സഭ പണിയാനായിട്ട് അത് രൂപപ്പെടാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അദ്ധ്യായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നമ്മളെ നോക്കുക ദൂ മറിയ ഈ നിലയിൽ സമർപ്പിച്ചെങ്കിലും അതിനു മുമ്പ് അവൾ ദൂതനോട് ചോദിക്കുന്നുണ്ട് ദൂതൻ വന്ന് പറഞ്ഞു അവൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട് നേരത്തെ സക്കരിയാവ് ദേവാലയത്തിൽ വെച്ച് സക്കരിയാവിനും ദൂതൻ പ്രത്യക്ഷനായി നിൻ്റെ ഭാര്യ എലിസബത്ത് പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ സെക്കരിയാവും ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച സക്കരിയാവനും ദൈവം ഒരു ശിക്ഷ കൊടുത്തു എന്ത് എന്താ ശിക്ഷ കൊടുത്തത് ഈ കാര്യം സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ എലിസബത്ത് യോഹന്നാനെ പ്രസവിക്കുന്നത് വരെ നീ എന്തായിരിക്കും നീ ഊമനായിരിക്കും എന്നൊരു ശിക്ഷ കൊടുത്തു എന്നാൽ ഇതേ ചോദ്യം തന്നെ ആ മറിയേൻ ചോദിച്ചത് ആ ദൂതൻ വന്ന് ആദ്യം അവൾ ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും എന്ന് അവളും ചോദിച്ചു പക്ഷേ മറിയയ്ക്ക് ൊരു ശിക്ഷ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിന് രണ്ട് കാരണങ്ങളെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഒന്ന് വാർദ്ധക്യത്തിലുള്ള ഒരു പുരുഷനും സ്ത്രീക്കും പ്രസവത്തിനും ഒരു കുഞ്ഞ് ജനിക്കാനുമുള്ള കാലാവധി കഴിഞ്ഞു പോയിട്ടും അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ച ഒരു അനുഭവം സെക്കരിയാവിൻ്റെ മുമ്പിലുണ്ട് ആരുടെ അനുഭവം അബ്രഹാമിൻ്റെയും സാറയുടെയും ദൃഷ്ടാന്തം യഹൂദനായ ആ നിലയിലുള്ള പൗരോഹിത്യ വംശത്തിലുള്ള സക്കരിയാവിന് ആ കാര്യം അറിയാമായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന് സാറയ്ക്കും ആ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു അങ്ങനെ ഒരു ദൃഷ്ടാന്തം സക്കരിയാവിന് മുമ്പിലുണ്ടായിരുന്നു എന്നാൽ മറിയയുടെ മുമ്പിൽ അതേവരെ ഒരു കന്യക ഗർഭിണിയായ ഒരു ദൃഷ്ടാന്തം മറിയയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ബൈബിളിൽ അതിനു മുമ്പ് ഈ മറിയുടെ സംഭവത്തിന് മുമ്പ് പഴയ നിയമത്തിലെങ്ങും ഇങ്ങനെ ഒരു സംഭവം കാണുന്നില്ല അതുകൊണ്ട് സക്കരിയാവ് അവിശ്വസിച്ചതാണ് ദൈവം ഗൗരവമായിട്ട് എടുത്തത് അതുപോലെ തന്നെ സക്കരിയാവും മറിയയും തമ്മിൽ താരതമ്യം ചെയ്താൽ സക്കരിയാവ് ആരായിരുന്നു നേതൃനിരയിലുള്ള ഒരു ഒരാളായിരുന്നു ആ നിലയിലുള്ള പൗരോഹിത്യവംശത്തിലുള്ള ഒരാളായിരുന്നു ഒരു വേദപണ്ഡിതനായിരുന്നു പ്രായമുള്ള ഒരാളായിരുന്നു എന്നാൽ മറിയ ഇതൊന്നുമല്ലായിരുന്നു അവളൊരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നു അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഒരു പ്രമാണം കാണുന്നുണ്ടല്ലോ അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും സക്കരിയാവൻ അധികം ലഭിച്ചു സക്കരിയാവൻ്റെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമുണ്ടായിരുന്നു അവന് ആ നിലയിൽ പ്രായവും പക്വതയും വേദപാണ്ഡിത്യവും ഉണ്ടായിരുന്നു ഇത് രണ്ടും തൻ്റെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമാകട്ടെ അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു വേദപാണ്ഡിത്യമാകട്ടെ അതൊന്നും മറിയിക്കൊണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം ലഭിച്ച സക്കരിയാവിനോട് ദൈവം കുറച്ചുകൂടെ കർശനമായിട്ട് ഇടപെട്ടു അവന് ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ അവനൂമനായിരിക്കുമെന്നൊരു ശിക്ഷ നൽകി എന്നാൽ അതേ ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും എന്ന അതേ ചോദ്യം ചോദിച്ചാൽ മറിയയ്ക്ക് ഒരു ശിക്ഷയിൽ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ കാണണം അതുകൊണ്ട് ഉത്തരവാദിത്വത്തിലും നേതൃത്വത്തിലുമുള്ളവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ തലയായിട്ടുള്ള ആളുകൾ അവരെ കൂടുതൽ ഭയത്തോടെ ദൈവം മുമ്പാകെ ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് ഒരു ചിന്തയെടുക്കാം അതുപോലെ ഒന്നാം അധ്യായത്തിൻ്റെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ എഴുപത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ സെക്കരിയാവിൻ്റെ ഒരു പാട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപാകെ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഇപ്പൊ നിറവേറുകയാണ് എന്ന് സക്കരിയാവ് പറയുന്നു അപ്പോ എന്താ അവിടെ നേരത്തെ അവിടെ കണ്ടോ അവിടെ പ്രധാനമായിട്ട് സക്കരിയാവ് ഊന്നി പറയുന്നത് തിരുമുമ്പിൽ എന്താ ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ഭയം കൂടാതെ ആരാധിക്കണം പഴയ നിയമത്തില് ദൈവത്തിൻ്റെ മുമ്പാകെ പഴയനീമ ആ നിലയിലുള്ള മഹാപുരോഹിതം പോലും താന് ആദിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഭയത്തോടും വിറയിലോടു ആ ചെല്ലുന്നത് താനിപ്പം മരിച്ചു വീഴുമോ എന്നുള്ള പേടിയോടെയാണ് തന്നെ ചെല്ലുന്നത് അങ്ങനെയുള്ള ആ പഴയ ആ ആ നിലയിലുള്ള പൗരോഹിത്യത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന സക്കരിയാവ് ഇതാ തൻ്റെ യോഹന്നാൻ്റെ ജനനത്തിലൂടെ തുടർന്ന് കർത്താവിൻ്റെ വരവിലൂടെ നൽകാൻ പോകുന്നത് ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കാനുള്ള പുതിയ ഉടമ്പടിയുടെ സാധ്യതയാണ് വരുന്നതെന്ന് കണ്ടുകൊണ്ടാണ് താൻ പറയുന്നു ഭയം തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ യോഹന്നാൻ്റെ ജനനത്തിലൂടെ അതിനെ തുടർന്ന് കർത്താവിൻ്റെ ജനനത്തിലൂടെ ആ പുതിയ ഉടമ്പടിയിലൂടെ കൈവരാൻ പോകുന്നത് എന്ന് സക്കരിയാവു പറയുന്നു പ്രിയപ്പെട്ടവരെ പഴയ നിയമഭക്തന്മാരെക്കാൾ എത്രയോ എത്രയോ ആ നിലയിൽ നമ്മൾ അനുഗ്രഹീതരാണ് അവർ ദേവാലയത്തിൽ പോകുമ്പോൾ അവർ തെറ്റായിട്ടെന്തെങ്കിലും അവരുണ്ടെങ്കിൽ അവർക്ക് ഏതെല്ലാം ദൈവത്തിൻ്റെ കോപത്തെ നേരിടേണ്ടി വരും എന്ന പേടിയോടെയാണ് അവർ പോകുന്നത് ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ ദൈവത്തെ യഹൂദന്മാരനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പല രോഗം ദാരിദ്ര്യം ക്ലേശങ്ങൾ എന്നുവേണ്ട ഭ്രാന്ത് വരെ വരും എന്നുള്ള മുന്നറിയിപ്പ് ആണ് അവിടെ നൽകുന്നത് ദൈവം ആ നിലയിൽ അവരെ ശിക്ഷിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നോ ഇന്ന് പ്രിയമുള്ളവരെ നമുക്കൊരു കൃപയുടെ കാലമാണ് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ദൈവത്തെ നമ്മൾ ഇന്ന് ശുശ്രൂഷിക്കുന്നത് ഭയത്തിൽ നിന്നല്ല പഴയ നിയമഭക്തന്മാർ യഹൂദന്മാർ ഭയത്തോടെയായിരുന്നു ആ നിലയിൽ ഇപ്പം മരിച്ചു പോകുമോ അല്ലെങ്കിൽ ഭ്രാന്ത് വരിമോ രോഗം വരുമോ ദാരിദ്ര്യം വരുമോ ദൈവത്തെ പേടിച്ചാണ് അവർ ജീവിച്ചത് നമുക്കും ദൈവഭയമുണ്ട് ആരോഗ്യകരമായ ദൈവഭയം ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തെ എന്നാ നിന്നല്ല സ്നേഹത്താൽ ശുശ്രൂഷിക്കുന്ന ഒരു പിതാവിനെ തൻ്റെ പിതാവിനെ സ്നേഹമുള്ള പിതാവിനെ പിതാവിന് മകൻ ശുശ്രൂഷ ചെയ്യുന്ന പോലെ സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് കൃപയുടെ കൃപയുടെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു നാം എത്ര അനുഗ്രഹീതരായ ആളുകളാണ് കാര്യവും ഈ നിലയിൽ സക്കരിയാവിൻ്റെ ഈ പ്രവചനത്തിൽ നിന്ന് സക്കരിയാവിൻ്റെ ഈ പാട്ടിൽ നിന്ന് നമുക്കെടുക്കാം ഒന്നിൻ്റെ ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭയം കൂടാതെ അവനെ ആരാധിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു വലിയ കൃപ തന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദിയുള്ളവരായിട്ട് ദൈവത്തോട് സ്നേഹമുള്ളവരായിട്ട് നമുക്കായിരിക്കാം നമുക്ക് കേവലം പേടിച്ചും ഭയപ്പെട്ടുമല്ല നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യകരമായ ഒരു ഭയമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഈ ദൈവത്തെ നമ്മൾ ആ നിലയില് ആ നിലയില് മനസ് മടുപ്പിച്ച് കളയുമോ ദൈവത്തെ പരാജയപ്പെടുത്തി കളയുമോ എന്ന ആരോഗ്യകരമായ പേടി ഉള്ളപ്പോൾ തന്നെ സ്നേഹത്തിലാണ് നാം അവന്റെ മുമ്പാകെ ശുശൂഷിക്കുന്നത് അങ്ങനെ ആയുഷ്കാലം മുഴുവൻ അങ്ങനെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു ദൈവത്തെ സ്നേഹത്തിലെ ദൈവം പാകെ അവനെ ശുശ്രൂഷിക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ